തന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിലുള്ളവനും അതിനു പിന്നാലെ അവനിൽ നിന്നുള്ള ഒരു സാക്ഷിയുള്ളവനും അതിനു മുമ്പായി മുസഅ അലിഹിസലാമിന്റെ ഗ്രന്ഥം ഒരു വഴികാട്ടിയും കാരുണ്യവുമായി ഉണ്ടായിരുന്നവനുമാണോ മറ്റൊരാളും അവർ അതിൽ വിശ്വസിക്കുന്നു എന്നാൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരിൽ ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ തീർച്ചയായും നരകമാണ് അവൻറെ നിശ്ചയിക്കപ്പെട്ട ഇടം അതിനാൽ നീ സംശയിക്കരുത് തീർച്ചയായും അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാകുന്നു എങ്കിലും മനുഷ്യരിൽ അധികപേരും വിശ്വസിക്കുന്നില്ല